യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തത് ഇസ്രയേൽ മക്കളിൽ ഓരോരുത്തൻ താൻ താന്റെ ഗോത്രത്തിന്റെ അടയാളത്തോടുകൂടിയ കൊടിക്കരികെ പാളയമിറങ്ങണം സമാഗമന കൂടാരത്തിനെതിരായി ചുറ്റും അവർ പാളയമിറങ്ങണം യഹൂദ പാളയത്തിന്റെ കൊടിക്കീഴുള്ളവർ ഗണം ഗണമായി കിഴക്ക് സൂര്യോദയത്തിന് നേരെ പാളയമിറങ്ങേൺ യഹൂദയുടെ മക്കൾക്ക് അമീനാദാബിന്റെ മകൻ നഹശോൻ പ്രഭുവായിരിക്കണം അവന്റെ ഗണം ആകെ എഴുപത്തിനാലായിരത്തി പേർ അവന്റെ അരികെ ഇസാഖാർ ഗോത്രം പാളയമിറങ്ങേ ഇസാഖാരന്റെ മക്കൾക്ക് സൂവരിന്റെ മകൻ നെഥനയർ പ്രഭുവായിരിക്കണം അവന്റെ ഗണം ആകെ അമ്പത്തിനാലായിരത്തി നാനൂറ് പേർ പിന്നെ സെബുലൂൻ ഗോത്രം സെബുലൂന്റെ മക്കൾക്ക് ഹേലോന്റെ മകൻ ഏലിയാ ബ പ്രഭുവായിരിക്കണം അവന്റെ ഗണം ആകെ അമ്പത്തിയേഴായിരത്തി നാനൂറ് പേർ യഹൂദപാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ ലക്ഷത്തി എൺപത്തി രൂപേൻ പാളയത്തിന്റെ കൊടിക്കീഴുള്ളവർ ഗണം ഗണമായി തെക്കുഭാഗത്ത് പാളയമിറങ്ങേണ് രൂപന്റെ മക്കൾക്ക് ശേതയൂരിന്റെ മകൻ എലീസു പ്രഭുവായിരിക്കണം അവന്റെ ഗണം ആകെ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് പേർ അവന്റെ അരികെ ഷിമയോൻ ഗോത്രം പാളയമിറങ്ങേണ് ോന്റെ മക്കൾക്ക് സൂര്യശായിയുടെ മകൻ ഷെലൂണിയേ പ്രഭുവായിരിക്കണം അവന്റെ ഗണം ആകെ അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് പേർ പിന്നെ ഗാദുഗോത്ര ഗാദിന്റെ മക്കൾക്ക് രയുവേലിന്റെ മകൻ എലിയാസോ പ്രഭുവായിരിക്കണം അവന്റെ ഗണം ആകെ നാൽപ്പത്തിയ്യായിരത്തി അറുനൂറ്റൻപത് പേർ രൂപൻപാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ ഒരു ലക്ഷത്തി അമ്പത്തോരായിരത്തി നാനൂറ്റമ്പത് പേർ അവർ രണ്ടാമതായി പുറപ്പെടേണ്ട പിന്നെ ശമാഗമന കൂടാരം പാളയത്തിന്റെ നടുവിൽ ലേവ്യരുടെ പാളയവുമായി യാത്ര ചെയ്യണം അവർ പാളയമിറങ്ങുന്നത് പോലെ തന്നെ താന്താങ്ങളുടെ കൊടിക്കരികെ യഥാക്രമം പുറപ്പെടേണ്ട എഫ്രൈം പാളയത്തിന്റെ കൊടിക്കീഴുള്ളവർ ഗണം ഗണമായി പടിഞ്ഞാറേ ഭാഗത്ത് പാളയമറങ്ങേൺ യഫ്രൈമിന്റെ മക്കൾക്ക് അമീഹൂദിന്റെ മകൻ എലിഷാമ പ്രഭുവായിരിക്കണം അവന്റെ ഗണം ആകെ നാൽപ്പതിനായിരത്തി പേർ അവന്റെ അരികെ മനശെ ഗോത്രം പാളയമരങ്ങൾ മനശയുടെ മക്കൾക്ക് പെദാസൂരിന്റെ മകൻ ഗമലിയെ പ്രഭുവായിരിക്കണം അവന്റെ ഗണം ആകെ മു ഇരുനൂറ് പേർ പിന്നെ ബെന്യാമിൻ ഗോത്രം പാളയമിറങ്ങൺ ബെന്യാമിന്റെ മക്കൾക്ക് ഗിതയോനിയുടെ മകൻ അബിദാൻ പ്രഭുവായിരിക്കണം അവന്റെ ഗണം ആകെ മുപ്പത്തി പേർ എഫ്രൈം പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ ഒരു ലക്ഷത്തി എണ്ണായിരത്തി ഒരുന്നൂറ് പേർ അവർ മൂന്നാമതായി പുറപ്പെടേണ്ട താൻ പാളയത്തിന്റെ കൊടിക്കീഴുള്ളവർ ഗണം ഗണമായി വടക്കേ ഭാഗത്ത് പാളയമിറങ്ങേൺ താന്റെ മക്കൾക്ക് അമ്മീശ്വെദായിയുടെ മകൻ അഹിയേസർ പ്രഭുവായിരിക്കണം അവന്റെ ഗണം ആകെ അറുപത്തിരായിരത്തി എഴുന്നൂറ് അവന്റെ അരികെ അശ്വർ ഗോത്രം പാളയമിറങ്ങേണം ആശേരിന്റെ മക്കൾക്ക് ഒക്രാന്റെ മകൻ പകിയേൽ പ്രഭുവായിരിക്കണം അവന്റെ ഗണം ആകെ നാൽപ്പത്തോരായിരത്തി പേർ പിന്നെ നഫ്താലി ഗോത്രം പാളയമിറങ്ങണം നഫ്താലിയുടെ മക്കൾക്ക് ഏനാന്റെ മകൻ അഹീര പ്രഭുവായിരിക്കണം അവന്റെ ഗണം ആകെ അമ്പത്തിമൂവായിരത്തി പേർ ദാൻപാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുനൂറ് പേർ അവർ തങ്ങളുടെ കൊടികളോടുകൂടെ ഒടുവിൽ പുറപ്പെടേണ്ടത് ഇസ്രയേൽ മക്കളിൽ ഗോത്രം ഗോത്രമായി എണ്ണപ്പെട്ടവർ ഇവർ തന്നെ പാളയങ്ങളിൽ ഗണം ഗണമായി എണ്ണപ്പെട്ടവർ ആകെ ആറു പേർ ായിരുന്നു എന്നാൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രയേൽ മക്കളുടെ കൂട്ടത്തിൽ ലേവ്യരെ എണ്ണിയില്ല യഹോവ മോശയോട് കൽപിച്ചതുപോലെ ഒക്കെയും ഇസ്രയേൽ മക്കൾ ചെയ്തു അങ്ങനെ അവർ താന്താങ്ങളുടെ കൊടിക്കരികെ പാളയമിറങ്ങി അങ്ങനെ തന്നെ അവർ കുടുംബം കുടുംബമായും കുലം കുലമായും പുറപ്പെട്ടുവിട്ടു